ഇബ്രാഹിം അലൈ ഇസ്ലാമും ഇസ്മായിൽ അലൈ ചേർന്ന് ആ ഭവനത്തിന്റെ അടിത്തറകൾ ഉയർത്തിയ സന്ദർഭം ഓർക്കുക അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ തീർച്ചയായും നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു